بسم <السم> الله الله الرحمن الرحيم الحمد لله رب العالمين <الصلاة> والسلام على <أشرف> والمرسلين نبينا محمد وعلى <آله> <أجمعين> <أما> بعد صلى عليه وسلم അവിടുന്ന് മക്കയിൽ <مكيه> ജീവിച്ച കാലഘട്ടത്തിൽ അവിടുത്തേക്ക് ആദ്യമായി വഹി നൽകപ്പെട്ടതിനെ കുറിച്ചും പിന്നീട് അതിനോടനുബന്ധിച്ച് ഇസ്ലാം സ്വീകരിച്ച ആദ്യത്തെ മുസ്ലിംങ്ങൾ ആരാണ് എന്നതുമൊക്കെയായിരുന്നു കഴിഞ്ഞ ദറസിൽ നമ്മൾ വിശദീകരിച്ചത് അള്ളാഹുന്റെ റസൂലി വസാവ രണ്ട് ഘട്ടങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട് അതിലൊന്നാമത്തെ ഘട്ടം നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞതുപോലെ രഹസ്യ പ്രബോധനത്തിന്റെ കാലഘട്ടമാണ് രണ്ടാമത്തെ ഘട്ടം പരസ്യപ്രബോധനത്തിന്റെ കാലഘട്ടമാണ് രഹസ്യമായിസ്ലാമിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചത് ലഭിച്ചതിനു ശേഷമുള്ള ആദ്യത്തെ മൂന്ന് വർഷങ്ങളിലാണ് ഈ സന്ദർഭത്തിലാണ് ഇസ്ലാമിലേക്ക് ആദ്യം കടന്നുവന്നൂൺ ഇസ്ലാമിലേക്ക് ആദ്യമായി കടന്നുവന്ന സഹാബികൾ അവർ 80 इलामिक प्रबोधन ऐसी अंप आबीस अलहलत स्वीक नबीसुले इलाम स्वीक आज അങ്ങേയറ്റം സൂക്ഷ്മതയും ശ്രദ്ധയും തങ്ങളുടെ കാര്യത്തിലുള്ള സുരക്ഷയും ശ്രദ്ധിക്കാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്താറുണ്ടായിരുന്നു ഈ പരസ്യമാക്കി ജനങ്ങൾക്കു മുന്നിൽ പ്രഖ്യാപിക്കുക എന്നത് രഹസ്യപ്രബോധനത്തിന്റെ ഈ കാലഘട്ടത്തിൽ നബിസൊല്ലാഹു അലൈഹി വസ്ല്ലം അനുവദിച്ചിരുന്നില്ല നിസ്കാരം കാണിക്കാൻ പറ്റില്ല ഓർാൻ പരസ്യമായി ഓദാൻ കഴിയുകയില്ല ഞാൻ മുസ്ലിമാണ് എന്ന് പോലും ചിലപ്പോൾ പറയാൻ പറ്റില്ല അവന്റെ ദീൻ അതിന്റെ ഒരു അടയാളവും പുറത്തേക്ക് കാണിക്കാൻ പറ്റാത്ത അവസ്ഥ അത്തരം സാഹചര്യം ഉണ്ടാവുകയും അയാൾക്ക് ആ നാട്ടിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ സാധിക്കാതെ വരികയും ചെയ്താൽ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ സാധിക്കുന്ന മറ്റൊരു സാഹചര്യത്തിലേക്ക് അയാൾക്ക് മാറാൻ കഴിയാതെ വരികയും ചെയ്താൽ ഇസ്ലാം രഹസ്യമാക്കി വെക്കുന്നത് അവർക്ക് അനുവദനീയമാണ് ചില നിരീശ്വരവാദ പ്രസ്ഥാനങ്ങൾ അവർ ഭരിച്ച രാജ്യങ്ങളിൽ അത്തരം അവസ്ഥകൾ മുസ്ലിംങ്ങൾക്കുണ്ടായിട്ടുണ്ട് ഉദാഹരണത്തിന് സോവിയറ്റ് റഷ്യ അനേകം മുസ്ലിംങ്ങൾ കൊല്ലപ്പെട്ട പണ്ഡിതന്മാരെ കൂട്ടമായി കൊലപ്പെടുത്തിയ മസ്ജിദുകൾ തകർക്കപ്പെട്ട ഒരു ചരിത്രം കമ്മ്യൂണിസ്റ്റ് ഭരണം നിലനിന്നിരുന്ന റഷ്യയിൽ ഉണ്ടായിട്ടുണ്ട് അത്തരം സാഹചര്യങ്ങളിൽ ഇസ്ലാം രഹസ്യമായി കൊണ്ടു നടക്കുക എന്നത് അനുവദനീയമാണ് പ്രത്യേകിച്ച് അവർക്ക് ആ രാജ്യത്തുനിന്ന് പുറത്തു കിടക്കാനുള്ള അനുവാദവുമില്ല മക്കയിലും അതേ അവസ്ഥ ഉണ്ടായിരുന്നു മക്കയിൽ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി അവിടെ നിന്ന് മക്കയിലെ മുഷരിക്കുകൾ നിർബന്ധമായി പിടിച്ച് നാട്ടിലേക്ക് തന്നെ തിരിച്ചുകൊണ്ടുവരും ചിലപ്പോൾ കുടുംബങ്ങളെ കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തും അലഹമുല്ല നമ്മുടെ നാട്ടിൽ ഇസ്ലാം പുറത്തേക്ക് പറയാൻ പറ്റുന്ന സാഹചര്യമുണ്ട് ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ അതിലേക്ക് ക്ഷണിക്കാൻ ചില പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ കൂടി സാധിക്കുന്നുണ്ടോ അലഹമുല്ല അതുകൊണ്ട് തന്നെ ഇവിടെ രഹസ്യപ്രബോധനം എന്നത് നമുക്ക് ആവശ്യമുള്ള കാര്യമല്ല എങ്കിൽ കൂടി അത്തരമൊരു സാഹചര്യം ഏതെങ്കിലും നാട്ടിൽ മുസ്ലിംകൾക്ക് അനുഭവിച്ചു കഴിഞ്ഞാൽ അലിഹി വസ്ല്ലം അ സഹാബികൾക്ക് നൽകിയ ഈ ഉപദേശം അവർക്ക് പാലിക്കാവുന്നതാണ് രഹസ്യ പ്രബോധനത്തിന്റെ കാലഘട്ടത്തിൽ റസൂൽ അലിഹി വസ്ല്ലം നിസ്കരിക്കാൻ വേണ്ടി സ്വഹാബികളോട് ആളുകൾ കാണാത്ത താഴ്വാരങ്ങളിലേക്ക് പോകാൻ കൽപ്പിക്കുമായിരുന്നു വീട്ടിനുള്ളിൽ ചിലപ്പോൾ വീട്ടിലുള്ള ആളുകൾക്ക് അറിയുന്നുണ്ടാവില്ല ഇയാൾ മുസ്ലിമായിട്ടുണ്ട് അതല്ലെങ്കിൽ വീട്ടിന്റെ ഉള്ളിൽ നിസ്കരിക്കാൻ പറയും സുരക്ഷിതമായ അവസ്ഥ അവിടെ ഉണ്ടെങ്കിൽ രഹസ്യ പ്രബോധനത്തിന്റെ ഈ മൂന്ന് വർഷവും നബിസല്ലാഹലി വസല്ലമ്മയും സ്വഹാബികളും ഈ രൂപത്തിലാണ് അവരുടെ ഇസ്ലാം മുറുക പിടിച്ച് ജീവിച്ചത് ഈ കാലഘട്ടത്തിൽ ഉണ്ടായ സംഭവങ്ങളിൽ ഒന്നാണ് അള്ളാഹാൻ അദ്ദേഹം ചില സഹാബികളോടൊപ്പം മക്കയിലെ താഴ്വാരങ്ങളിൽ ഒരു പോയി നിസ്കരിക്കാൻ തുടങ്ങി ആ സന്ദർഭത്തിൽ ചില പുറഷികൾ അവിടേക്ക് വന്നു അവർ നിസ്കരിക്കുന്നത് കണ്ടു അപ്പോൾ ഇവർ അവിടെ തുടങ്ങി നിസ്കരിക്കുന്ന സഹാബികളെ മർദ്ദിക്കാനാരംഭിച്ചു അങ്ങനെ മുസ്ലിംങ്ങൾ നിവൃത്തി കേടുകൊണ്ട് അവരുടെ കൂട്ടത്തിൽ അദ്ദേഹം ഒരു ഒട്ടകത്തിന്റെ താടിയെല്ലുകൊണ്ട് ഉപദ്രവിക്കാൻ വന്നയാളെ തിരിച്ച് അടിച്ചു അത് അയാളുടെ ശരീരത്തിൽ മുറിവുണ്ടാക്കുകയും അയാളുടെ ശരീരത്തിൽ നിന്ന് രക്തം പുറത്തേക്ക് വരാൻ തുടങ്ങുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഇസ്ലാമിനുവേണ്ടി രക്തം ചിന്തിയ വ്യക്തിബുന അബി വക്കാ സർദി അള്ളാഹു അനുഹു ആണ് എന്ന് പറയാറുണ്ട് ആദ്യമായി ഇസ്ലാമിന്റെ മാർഗത്തിൽ രക്തം ചിന്തിയ വ്യക്തിബുന അബി വക്ക സർദി അള്ളാഹു അനുഹു ആണ് ഈ സംഭവത്തിൽ ഉണ്ടായത് എന്തുമാത്രമാണ് പുസ്കരിക്കുന്ന ആളുകളെ ഉപദ്രവിക്കാൻ വന്നു അടിക്കുന്ന ആളുകൾ അവരെ പ്രതിരോധിക്കുകയും കയ്യിൽ കിട്ടിയ ഒട്ടകത്തിന്റെ എല്ലുകൊണ്ട് അടിക്കുകയും ചെയ്തു അതല്ലാതെ അവർ ആയുധം ശേഖരിച്ചു വെക്കുകയും ഇങ്ങനെ അക്രമിക്കാൻ വരുമ്പോൾ തിരിച്ചടിക്കണമെന്ന് മുൻപ് തീരുമാനിച്ചു വെക്കുകയും ചെയ്ത ഒരു സാഹചര്യമല്ല ആ പറഞ്ഞ കാര്യത്തിലുള്ളത് എന്നത് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ സംഭവം ഉണ്ടായതിനു ശേഷം അള്ളാഹുഅലി വസല്ലം അവിടുന്ന് മുസ്ലിംങ്ങളോട് വീടുകളിൽ തന്നെ ഒതുങ്ങിക്കൂടുവാൻ കൽപ്പിച്ചു നമുക്ക് നിങ്ങൾ റസോൾ അള്ളാഹ് ഹിസല്ലാഹു അലഹി കൽപ്പന എന്തായിരുന്നു സഹാബികളോട് വീടുകളിൽ തന്നെ ഒതുങ്ങിക്കൂടാനായിരുന്നു മാത്രമല്ല അവിടുന്ന് സഹാബികളിൽപ്പെട്ട അൽ അർക്കം അബൂബക്കി മുസ്ലിം ആയ സഹാബിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട് മുസ്ലിമീങ്ങളുടെ കേന്ദ്രമായി തിരഞ്ഞെടുത്തു അർക്കമിന്റെ വീട് റസൂർ ഹിസുഅള്ള അലി ഹുസല്ല തിരഞ്ഞെടുക്കാനുള്ള കാരണം അത് മുഷിരിക്കീങ്ങളുടെ കണ്ണെത്താത്ത ഒരു പ്രദേശത്താണ് അതുകൊണ്ട് അർക്കമിന്റെ വീട് അവിടെ തിരഞ്ഞെടുക്കാനുള്ള കാരണം മുഷിരിക്കീങ്ങൾ കാണാത്ത ഒരു സ്ഥലത്തായിരുന്നു അർക്കമിന്റെ വീട് ഉണ്ടായിരുന്നത് അവിടെ നബിസാഹു അലി ഹുസല്ലം സഹാബികളുമായി ഒരുമിച്ചുകൂടും അവർക്ക് ദീനിലുറച്ചു നിൽക്കാൻ ആവശ്യമായ പ്രോത്സാഹനവും പ്രേരണയും അള്ളാഹുവിന്റെ ആയത്തുകൾ പഠിപ്പിച്ചു കൊടുക്കലും കേൾപ്പിക്കലുമൊക്കെ ആ വീട്ടിൽ വെച്ചാണ് സംഭവിച്ചത് അർക്കമ്മിന്റെ വീട്ടിൽ നിന്ന് ദാറുൽ അർക്കം എന്ന പേരിൽ പ്രസിദ്ധമാണ് അർക്കമിന്റെ ഈ വീട് രഹസ്യ പ്രബോധനത്തിന്റെ കാലഘട്ടം അർക്കമിന്റെ വീട്ടിലാണ് ഏതാണ്ട് കഴിച്ചുകൂട്ടിയത് എവിടെ ഓർമ്മപ്പെടുത്തേണ്ട ഒരു കാര്യം അല്ല അബ്ദുസ്സലാം റഹിമഹ്ലാ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിലൊന്ന് ഇസ്ലാമിക ഫുഖാക്കളിൽ പണ്ഡിതന്മാരിൽ ബഹുഭൂരിപക്ഷവും അല്ല അഴിസുബുൻ അബ്ദുസ്സലാം അദ്ദേഹം വളരെ പൗരാണികനായ പ്രമുഖനായ പണ്ഡിതനാണ് അദ്ദേഹം പറഞ്ഞു ഇസ്ലാമിക പണ്ഡിതന്മാരിൽ ബഹുഭൂരിപക്ഷവും അവർ പറഞ്ഞത് മുസ്ലിമീങ്ങൾ ഒരു നാട്ടിൽ എണ്ണത്തിൽ കുറവാണെങ്കിൽ അതല്ലെങ്കിൽ അവർക്ക് ശക്തി കുറവുണ്ടെങ്കിൽ ശത്രുക്കൾക്കെതിരെ അവരെ ഉപദ്രവിക്കുന്നവർക്കെതിരെ നിലകൊള്ളാനും അവരെ കീഴ്പ്പെടുത്താനും അവർക്ക് ശക്തിയില്ലെങ്കിൽ മുസ്ലിമീങ്ങൾ ക്ഷമയോടുകൂടി നിലകൊള്ളണം എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവുകളിലൊന്നാണ് നബിസ്വല്ലാ അലി വസല്ല മക്കാ കാലഘട്ടം എല്ലാ മുസ്ലിമീങ്ങളും ഒരുമിച്ച് നിന്നാൽ പോലും മുഷിഖിങ്ങളെ തകർക്കാൻ കഴിയുകയില്ല എന്ന് ഏതാണ്ട് അവർക്കുറപ്പുണ്ട് എങ്കിൽ അത്തരമൊരു സാഹചര്യത്തിൽ ഒരിക്കലും മുഷ്രിഖുകൾക്കെതിരെ ആയുധമുപയോഗിച്ചു കൊണ്ടുള്ള മാർഗങ്ങളിലേക്ക് പോരാട്ടങ്ങളിലേക്ക് മുസ്ലിമികൾ ഇറങ്ങാൻ പാടില്ല എന്നതിന് മക്കയിലെ ഈ കാലഘട്ടം ഏറ്റവും വലിയ തെളിവാണ് ബഹുഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം വരാൻ വലിയൊരു വിഭാഗം പണ്ഡിതന്മാർ അങ്ങനെയാണ് പറഞ്ഞത് കാരണം അവർ പറഞ്ഞു മുസ്ലിമികൾ വളരെ കുറച്ചുള്ള നാടുകളിൽ അല്ലെങ്കിൽ അവർക്ക് ശക്തി കുറച്ചുള്ള നാടുകളിൽ മുഷരിക്കീങ്ങൾക്കെതിരെ ആക്രമണത്തിന് മുസ്ലിമീങ്ങൾ തയ്യാറാവുകയും അങ്ങനെ ആ കാരണം മുൻനിർത്തി മുസ്ലിമീങ്ങളെ അവർ ഉപദ്രവിക്കുകയും മുസ്ലിമീങ്ങളെ പൂർണ്ണമായി തുടച്ചു നീക്കുകയും ചെയ്യുന്നതിന് ഇത് കാരണമായേക്കാം അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിലേക്ക് എടുത്തു ചാടുക എന്നത് ഇസ്ലാമിക ചരിത്രം നബിസല്ലാഹു അലൈഹി വസല്ലമ്മയുടെ സുന്നത്ത് അത് നമ്മെ അതിൽ നിന്ന് തടയുന്നുണ്ട് ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇന്ന് ഭാഗം യുവാക്കൾ അവരുടെ സോഷ്യൽ മീഡിയകളിലാകട്ടെ അവരുടെ വിശ്വാസങ്ങൾ അവരുടെ കൽബിലുള്ള വിശ്വാസമാകട്ടെ ഇത്തരം ചിന്തകളാണ് പല ആളുകളും നിസ്കാരം ഉണ്ടാവില്ല അബാധത്തുകൾ ഉണ്ടാവൂല അള്ളാഹുനോട് ബന്ധപ്പെട്ട പല ബാധ്യതകളും അവനറിയില്ല പക്ഷെ ഇതിന് മുസ്ലിമീങ്ങൾ അവിടെ ആക്രമിക്കപ്പെടുന്നുണ്ട് ഇവിടെ ആക്രമിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ തിരിച്ചടിക്കണം എന്നു പറയുന്ന ആളുകൾ ഇസ്ലാമിക ചരിത്രം പഠിക്കേണ്ടതുണ്ട് റസൂളുടെ കാലഘട്ടത്തിൽ ഈമാൻ പർവ്വതങ്ങളുടെ വലുപ്പത്തിൽ ഈമാൻ കൽബിൽ ഉണ്ടായിരുന്ന സഹാബികളെ റസൂളയോടൊപ്പം ഉണ്ട് അള്ളാഹു ഉദ്ദേശിച്ചാൽ അൻപത് ആളുകൾക്ക് പതിനായിരം ആളുകളെ തോൽപ്പിക്കാൻ കഴിയും പക്ഷെ അള്ളാഹു സുഭാനുഭൂ മക്കയിൽ അത് അനുവദിച്ചിട്ടില്ല അതിന് നമുക്കുള്ള പാഠം എന്താണ് മുസ്ലിമീങ്ങൾ ഇത്തരം അവസ്ഥകൾ നേരിട്ട് കഴിഞ്ഞാൽ ക്ഷമിക്കുകയാണ് വേണ്ടത് ക്ഷമയാണ് നമ്മുടെ ഏറ്റവും വലിയ ആയുധം മാത്രമല്ല മക്കയിലെ മുസ്ലിമീങ്ങൾ അവർ ഐക്യത്തിലാണ് ഇന്നാകട്ടെ മുസ്ലിമികളുടെ അവസ്ഥ ഏറ്റവും വലിയ ഭിന്നിപ്പിലാണ് സലഫി പണ്ഡിതന്മാർ ഗൗരവത്തിൽ പറയുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ഓരോ വ്യക്തികൾ സംഘടനകൾ കൂട്ടങ്ങൾ തീരുമാനമെടുക്കുകയും ഇത്തരം വിഷയങ്ങളിൽ ആയുധവും മറ്റും എടുത്തുകൊണ്ട് ഇറങ്ങിപ്പുറപ്പെടുകയും ചെയ്യുക എന്നത് മുസ്ലിമീങ്ങളുടെ മസ്ലാഹത്തിന് അവരുടെ നന്മക്ക് വിരുദ്ധമായ കാര്യമാണ് അത് ആത്മഹത്യാപരമാണ് വളരെ വിട്ടുനിൽക്കുകയും ജനങ്ങൾ താക്കീത് നൽകുകയും ചെയ്യേണ്ട വിഷയങ്ങളിൽ പെട്ടതാണത് ശരി ഈ മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ അലഹു വസ്ല്ലം അവിടുത്തെ പ്രബോധനത്തിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നു പരസ്യപ്രബോധനം പരസ്യപ്രബോധനത്തിന് ഇതുപോലെ തന്നെ ഘട്ടങ്ങളുണ്ടായിരുന്നു അള്ളാഹുവിന്റെ റസൂൽ അലിഹി വസ്ല്ലം വിശുദ്ധ ഖുർആാനിലായത് അവതരിച്ചു അള്ളാഹു പറഞ്ഞു അക്രബീൻ നൽകുക നിന്റെ അടുത്ത കുടുംബാംഗങ്ങൾക്ക് നീ താക്കീത് നൽകുക പരസ്യപ്രബോധനം ആരംഭിക്കുന്നത് സൂറത്തുഷയിലെ ഈ ആയത്തോടുകൂടിയാണ് സൂറത്തുഷയിലെ ഇരുന്നൂറ്റി പതിനാലാമത്തെ ആയത്താണ് ഈ ആയത്ത് ഇറങ്ങിയത് മുതൽ ാഹു അലിഹ് വസല്ലമയുടെ പരസ്യ പ്രബോധനം ആരംഭിക്കുകയാണ് ഈ ആയത്തിനു മുൻപുള്ള ആയത്തുകൾ സൂറത്തുഷു അറായിലെ മറ്റ് ആയത്തുകൾ പരിശോധിച്ചാൽ അള്ളാഹുവിന്റെ റസുൽ സാഹു അലി വസല്ലമയോട് അള്ളാഹു ഈ കൽപ്പന പറയുന്നതിന് മുൻപ് നൽകിയിട്ടുള്ള ആമുഖങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും സൂറത്തുഷു അറാ ഇന്റെ ആദ്യം മുഴുവൻ കഥകളാണ് മൂഷാനബി അലിഹുസലാത്തു വസ്സലാമയുടെ കഥ പ്രത്യേകിച്ച് എങ്ങനെയാണ് മുസാൻ അബി അദ്ദേഹത്തിന്റെ പ്രബോധനം ആരംഭിക്കുന്നത് അദ്ദേഹം നാട്ടിൽ നിന്ന് ഓടിപ്പോകേണ്ടി വന്നത് തിരിച്ചു വരേണ്ടി വന്നത് ഫിറാവിനിന്റെ മുന്നിൽ പ്രബോധനവുമായി എഴുന്നേറ്റ് നിന്നത് ഫിറാവിനിന്റെ ഉപദ്രവങ്ങൾ അങ്ങനെ മുസാൻ നബി അലിഹു വസ്സലാം രക്ഷപ്പെടുന്നതും ഫിറാനും കൂട്ടരും നശിക്കുന്നത് ഈ കഥ സൂറത്ത് ഉഷന്റെ തുടക്കത്തിൽ പറയാനുള്ള കാരണങ്ങളിലൊന്ന് മുന്നറിയിപ്പാണ്ഹമ്മദ് അടുത്ത കുടുംബാംഗങ്ങൾക്ക് നീ താക്കീത് നൽകുക നിനക്ക് സംഭവിക്കാനിരിക്കുന്നത് പോലെയാണ് മൂസക്ക് സംഭവിച്ചതുപോലെയാണ് അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആാനിൽ പലയിടത്തും മൂസാനബി അലിസ്ലാത്തു വസ്സലാമയുടെ ചരിത്രം വിശദീകരിച്ചും ചുരുക്കിയും ഒക്കെ പറഞ്ഞത് അതിന്റെ വലിയ സൂചനകളിലൊന്നിലാണ് റസൂർ ഹിസ്ഹു അലഹി വസ്സലെ ഓർമ്മപ്പെടുത്തലാണ് ഇതാ നിനക്ക് സംഭവിക്കാനിരിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് നീ ക്ഷമയോടുകൂടി പിടിച്ചുനിൽക്കണം അലിഹ്ലാത്തു വസ്സലാം മുന്നിൽ പിടിച്ചുനിന്നതുപോലെ നീ പിടിച്ചു നിൽക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തലാണ് ഈ ആയത്തുകൾ അതിൽ അള്ളാഹു സുബാനുഹുല ഉൾപ്പെടുത്തിയത് പിന്നീട് സൂറത്തുൽ ആയത്ത് അവതരിച്ചു അള്ളാഹു സുബാനുഹു പറഞ്ഞു ിൽ നിന്ന് തിരിഞ്ഞിലയത്തുകളിൽ പറഞ്ഞതുപോലെ അള്ളാഹു നിനക്ക് എത്തിച്ചു തന്ന കാര്യം നീ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു ജനങ്ങളിൽ നിന്ന് നിന്നെ സംരക്ഷിക്കുന്നതാണ് ഈ ആയത്തുകൾ നബിസൊല്ലാഹു അലൈഹ് വസല്ലം അവിടുത്തോട് പ്രബോധനം പരസ്യമാക്കാനുള്ള കൽപ്പനയാണ് സഹാബികളിൽ പത്ത് നാൽപ്പത് ആളുകൾ ഒപ്പമുണ്ട് ഇനി നീ പരസ്യമായി പ്രബോധനം ആരംഭിക്കണം നോക്കൂ നിങ്ങൾ നബിസല്ലാഹു അലൈഹ് വസല്ലം അവിടുത്തെ പ്രബോധനം പരസ്യമാക്കിയത് പതുക്കെയാണ് ഒറ്റിക്കല്ല അതിന് അവിടുന്ന് വളരെ യുക്തമായ ഒരു വഴിയാണ് സ്വീകരിച്ചത് നബിസല്ലാഹു അലിഹി വസല്ലം അവിടുന്ന് തന്റെ കുടുംബത്തിൽപ്പെട്ട അടുപ്പക്കാരായ ആളുകളെ അവിടുത്തെ വീട്ടിലേക്ക് ക്ഷണിച്ചു അങ്ങനെ നാൽപ്പതോ അൻപതോ ആളുകൾ റസൂൾ ഹിസാഹു അലിഹി വസ്സല്ലമ്മയുടെ വീട്ടിൽ ഒരുമിച്ചുകൂടി ആ ആളുകൾ അവർക്ക് നബിസ്ാഹു അലിഹി വസ്സല്ലം ഭക്ഷണം ഒരുക്കി വെച്ച് ഒരു മു ഭക്ഷണവും അതോടൊപ്പം ആട്ടിറച്ചിയും നല്ല ഭക്ഷണം അത് ഹെഗ്മത്താണ് പ്രബോധനത്തിലെ ഹെഗ്മത്തുകളിൽ പെട്ടതാണ് നല്ല ഭക്ഷണം നബിസ് അലൈഹി വസ്ല്ലം അവർക്കു ഒരുക്കി വെച്ചു കൊടുത്തു അങ്ങനെ അവർ ഭക്ഷണം കഴിച്ചു അവരെല്ലാവരും ഭക്ഷണം കഴിച്ചു എല്ലാവരുടെയും വയറ് നിറഞ്ഞപ്പോഴും അതുപോലെ തന്നെ ബാക്കിയുണ്ട് അള്ളാഹുവിന്റെ റസൂലിന് നൽകപ്പെട്ട ആയത്തുകളിൽ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതായിരുന്നു അവരെല്ലാവരും ഭക്ഷണം കഴിച്ചു പക്ഷെ ഭക്ഷണം അതുപോലെ തന്നെ ബാക്കിയുണ്ട് അങ്ങനെ നബിസാഹു അലി വസല്ലം അവിടുന്ന് കുറച്ച് പാല് കൊണ്ടുവന്നു എല്ലാവർക്കും പാല് കൊടുത്തു അവരെല്ലാവരും പാല് കുടിച്ചു കഴിഞ്ഞപ്പോഴും പാത്രത്തിൽ അത് അതുപോലെ തന്നെ ബാക്കിയുണ്ട് അവർക്കൊരത്ഭുതം അലൈഹു അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി കാണിച്ചുകൊടുത്തു എന്നിട്ട് റസൂൽഹി സാഹു അലൈഹു അവരുടെ മുന്നിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അള്ളാഹു അവിടുത്തേക്ക് വഹി നൽകിയതിനെ സംസാരിക്കാൻ ആരംഭിച്ചു അവിടുന്ന് സംസാരം ആരംഭിച്ചു കുറച്ചു കഴിഞ്ഞ ഉടനെ തന്നെ അബൂ ലഹബ്ലാഹ് അവൻ എഴുന്നേറ്റ് നിന്നു അവൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു ഇതാ ഇവർ നിന്റെ കുടുംബക്കാരാണ് നീ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് പറഞ്ഞു തുലക്ക് നിന്റെ ഈ പുതിയ മതം നീ ആദ്യം ഉപേക്ഷിക്ക് എനിക്ക് സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം നിന്റെ പുതിയ മതത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ അത് നീ ഒഴിവാക്കിയേക്ക് അവൻ ബിസുലി വസ്ല്ലമെ പേടിപ്പിച്ചു വസൂലയോട് പറഞ്ഞു മഹമ്മദ് അറബികളെ ഒന്നാകെ നിന്റെ കാൽ കീഴിൽ കൊണ്ടുവരാനുള്ള ശക്തി നിനക്കില്ല അവരെ പരാജയപ്പെടുത്താനുള്ള കഴിവ് നിനക്കില്ല മാത്രമല്ല നീ പറഞ്ഞ പുതിയ മതവുമായി ജനങ്ങൾക്കിട ഇറങ്ങിയാൽ നിന്നെ ആദ്യം പിടികൂടുന്നത് ഞങ്ങളായിരിക്കും നിന്റെ കുടുംബക്കാരായിരിക്കും അറബികൾ നിന്നെ പിടിക്കുന്നതിന് മുൻപ് ഞങ്ങൾ നിന്നെ പിടിക്കും